തമിഴിൽ ഒരു സിദ്ധൻപാടി നന്ദവനത്തിൽ ഒരു ആണ്ടി അവൻ നാലാറു മാതമായി കുയവനായി വേണ്ടി കൊണ്ടുവന്നാൻ ഒരു തോണ്ടി അതെ കൂത്താടി കൂത്താടി പോട്ടുടച്ചാണ്ടിന്ന് ആണ്ടി ഈ ജീവൻ തന്നെ ഈ ജീവൻ നാല് ആറ് മാതം മാസം ഒരു കുല കുയവനായി വേണ്ടി ഒരു കൊശവൻ്റെ അടുത്ത് പോയി ചോദിച്ചുകൊണ്ടേ അത്ര ഒരു ചട്ടി കൊടുക്കും ചട്ടി കൊടുക്കും കൊശവൻ ആരാന്ന് വെച്ചാൽ ഭഗവാൻ ഭഗവാൻ അടുത്ത് ചോദിച്ചു ചോദിച്ച് അവസാനം ഒരു ചട്ടി കൊണ്ടുവന്നു ഈ ശരീരം അതിനെ കൂത്താടി കൂത്താടി പോട്ട് ഉടച്ച ചോട്ടിലിട്ട് പൊട്ടിച്ചു എന്നാണ് ഒമ്പത് മാസം കൊണ്ട് നെനക്കെട്ടത് അപ്പൊ ഈ ചട്ടിയിൽ ഏതാ മൂത്തിരിക്കണത് നോക്കാൻ പറഞ്ഞു ആരാളെന്ന് വെച്ചാൽ ആ കൊച്ചുകുട്ടി മുക്താബായി ആറു വയസ്സേ പ്രായമുള്ളൂ ആ കുട്ടി കോലെടുത്തിട്ട് ഈ ഭക്ഷണം കഴിക്കാനിരിക്കണ ഓരോ സാധുക്കളുടെ തലയിൽ ഒരു കിഴുക്ക് കൊടുക്കും അപ്പൊ അവരൊക്കെ തലകുനച്ചു പോകും ഈ നാമദേവന്റെ അടുത്ത് വന്നത് തലയിൽ തൊട്ടപ്പോ നാമദേവൻ തല കാണിച്ചു കൊടുത്തില്ല അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടി അപ്പൊ അവസാനം മുക്താബായി പറഞ്ഞു ഇയാള് മാത്രത ഈ ഒരു ചട്ടി മാത്രം ഇനി മൂത്തിട്ടില്ല അല്ലാത്ത വിഷമമായി ഭഗവാൻ എന്റെ കൂടെ വന്ന് കളിക്കണു രസിക്കണു എന്നെ ഇവർ അപമാനിച്ചു എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയി അധ്യാത്മ ജീവിതത്തിലും അനുഭവമണ്ഡലത്തിലും പരിപാകത പതുക്കെയാണ് വരേ പല അനുഭവങ്ങൾ വന്നാലും അവസാനം ഇതിന്റെ ഒക്കെ ലക്ഷണം എന്താന്ന് ഈ അഹങ്കാരം നിശേഷം ആ മാധുര്യം വരാ അസ്വീറ്റ്നെസ് വരാ അപ്പോ അതിനാണ് ഇവര് ഈ ഒരു അനുഭവം കൊടുത്തത് ഇദ്ദേഹം വേഗം പോയി ഭഗവാൻ എടുത്തു പോയി കരഞ്ഞു പാണ്ഡുരംഗൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു നോക്കൂ നീ എന്റെ മുമ്പിൽ വന്ന് കളിക്കുന്നു എന്റെ കൂടെ വർത്തമാനം പറയുന്നു എന്നിട്ട് ഈ സാധുക്കള് അവരൊക്കെ നൻറെ ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂടിയത് അവരെന്നെ അപമാനിച്ചു അപ്പൊ വിട്ടൽ ചോദിച്ചു എന്താ അപമാനിച്ച അല്ല ഞാൻ മൂത്തിട്ടില്ലാന്ന് പറഞ്ഞു സത്യം പറഞ്ഞ എന്തിനാ ദേശീയപ്പെട്ടതെന്ന് ചോദിച്ചു നീ അതാണോ പറയണത് അതെ എന്താപ്പ എനിക്കൊരു കുറവ് വെച്ചു നീ ഇനി എന്റെ സ്വരൂപം എന്താണ് നീ ആരാണെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ല എന്നാ നീ എനിക്ക് ഞാൻ ഉപദേശിക്കാൻ പറ്റില്ല കാരണം നീ എന്നെ കൂട്ടുകാരനായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊരു പ്രത്യേക വിദ്യ ഈ വിദ്യയില് ഗുരുഭാവം വരാതെ ഉപദേശിക്കാൻ പറ്റില്ല ഗുരു എന്നുള്ള ഭാവം വന്നിട്ടില്ലെങ്കില് ആ സറണ്ടർ വന്നിട്ടില്ലെങ്കിൽ സ്കൂൾ മാതിരി സ്കൂളിലാണെങ്കിലും ഒരു ടീച്ചറടുത്ത് ഒരു സറണ്ടർ വരണം എവിടെയാണെങ്കിലും വരണം വന്നിട്ടില്ലെങ്കിൽ ഈ വിദ്യ അങ്ങോട്ട് പ്രവഹിക്കില്ല അപ്പോ ഭഗവാന്റെ അടുത്ത് ഒരു കൂട്ടുകാരനാണെന്നുള്ള ഭാവാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ഈ നാഗനാഥ് ക്ഷേത്രത്തില് ഒരു വലിയ ശിവൻകോവിൽ പ്രാചീനമായ ദ്വാദശ ജ്യോതിർലിംഗത്തിൽ ഒന്നാണ് അവിടെ ഒരു സാധു കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു അപ്പൊ നാമദേവൻ അവിടെ പോകും അവിടെ പോയി നോക്കുമ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന അമ്പലം അവിടെ ഒരാൾ ഒരു കൗബീനു മാത്രം ധാരിയായിട്ട് ഒരാൾ കിടക്കണു കാലെടുത്ത് ഒരു ശിവലിംഗത്തിന്റെ മേലെയും വെച്ചോണ്ട് കിടപ്പുണ്ട് അപ്പൊ നാമദേവൻ ചെന്ന് ചോദിച്ചു അത്രേ കണ്ടപ്പോ വിഷമം തോന്നി ശിവലിംഗത്തിന്റെ മേലെ കാലും വെച്ച് കിടക്കണം അപ്പൊ സാധു നാമദേവനെ കണ്ട് ചോദിച്ചു നാമദേവൻ അല്ലേ വിട്ടൽ പറഞ്ഞയച്ചിട്ട് വരികയല്ലേന്ന് ചോദിച്ചു അത്രേ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ അന്നത്തെ കാലത്ത് എങ്ങനെ അറിഞ്ഞു എന്നാണ് വലിയ ശ്രദ്ധയൊക്കെ ആയി അപ്പൊ വീണ് നമസ്കരിച്ച് പറഞ്ഞു സ്വാമി വിട്ടൽ പറഞ്ഞിട്ട് വരെയാണ് അവിടുന്ന് മഹാത്മാവാണ് പക്ഷെ ഈ കാലെടുത്ത് ശിവലിംഗത്തിന് മേലെ ഓ എനിക്ക് ഇരുട്ടത്തൊന്നും കണ്ണു കാണണില്ല ഈ ശിവൻ ഇല്ലാത്ത അടുത്ത് വെക്കൂ എന്ന് പറഞ്ഞത് അപ്പൊ തന്നെ അറിയേണ്ടതാണ് അല്ലേ നാമദൈവം പതുക്കെ ആ ഗുരുവിന്റെ ചരണം എടുത്ത് ഇങ്ങോട്ട് മാറ്റി അപ്പൊ കഥ പറയുന്നത് അവിടെ ഒരു ശിവലിംഗം തോന്നി ആ കാല് പല സ്ഥലത്ത് മാറ്റി വെച്ച സ്ഥലത്തൊക്കെ ഓരോ ശിവലിംഗം തോന്നിയത്രേ അവസാന നാമദേവൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ചരണം എടുത്ത് തന്റെ ശിരസിലെ വെച്ചു താനേ ശിവലിംഗമാൻ അതൊരഭംഗം പാടണ്ട നാമദേവൻ ആ അഭംഗത്തിൽ പറയണു ആ ചരണം എന്റെ തലയിൽ പെടുന്നവരെ എന്താ എനിക്ക് വ്യത്യാസം എന്ന് ആ ചരണം വിശോഭാക്യേച്ചറിയുടെ ചരണം എന്റെ ശിരസിൽ പെടുന്നവരെ ഞാൻ വിചാരിച്ചു എന്റെ ഉള്ളിലുള്ള ഞാൻ ഞാനാണ് വിചാരിച്ചു ഹേ വിട്ടല ആ ഗുരുചരണം എന്റെ ശിരസിൽ പെട്ടതോടുകൂടെ എന്റെ ഉള്ളിലുള്ള ഞാൻ നീ ആണ് എന്ന് മനസ്സിലാക്കിയിരുന്നു ഇതാണ് ഇത്രയും നേരം എന്റെ ഞാൻ ഞാനാണെന്ന് വിചാരിച്ചു ഇപ്പൊ എനിക്കറിഞ്ഞു എന്റെ ഞാൻ ഞാനല്ല ഈ ഞാൻ നീ ആണ് എന്നറിഞ്ഞു എന്നാണ് എന്ന് ലിമിറ്റഡ് ഉപാധി സംബന്ധത്തോടു കൂടിയിരിക്കുന്ന ജീവനല്ല അഖണ്ഡമായി പൂർണമായി ഇരിക്കുന്ന ബ്രഹ്മമാണ് ഇതിനകത്ത് അഹമെന്ന് പ്രകാശിക്കുന്നതിന് പരിധിയില്ലാതെ അനുഭവപ്പെട്ടു ായി പരബ്രഹ്മവസ്തുവായി അനുഭവിച്ചു എന്നർത്ഥം ആ അനുഭവമാണ് ഗുരുചരണാബുജനിർഭരഭക്ത സംസാരാദ് അചിരാത് ഭവന് മുക്തേ ഭജഗോവിന്ദത്തിലെ ശങ്കരാചാര്യർ പറഞ്ഞ ശ്ലോകമാണ് ഇതാണ് ഗീതാ താത്പര്യം ഉപനിഷത്താത്പര്യം എല്ലാ ശാസ്ത്രങ്ങളുടെയും താത്പര്യ നിർണയം ചെയ്താൽ അവസാന വാക്കെന്താന്ന് വെച്ചാൽ തമേവ ഏകം ജാനം ആത്മാവിനെ അറിയുക തന്നെ അറിയുക തന്റെ സ്വരൂപം എന്താണ് എന്ന് അറിയുക പരാനിഷ്ഠാ ഉച്ച അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു കർമ്മങ്ങളൊക്കെ പോയി പൂർണമായ അനുഭവം ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ജ്ഞാനീതു ആത്മൈവമേ മതം എന്ന് ഭഗവാൻ പറഞ്ഞ രീതിയിൽ താൻ സ്വയം ഭഗവത് സ്വരൂപമായി ഭഗവാനിൽ നിന്ന് അന്യമായിട്ടില്ലാതെ പ്രകാശിക്കുന്നു അസിദ്ധൻ സമാസേന നിഷ്ഠാന ജ്ഞാനത്തിൻ്റെ പരമമായ നിഷ്ഠ അവിടെ അറിവ് അപരിമിതമായിട്ട് തീരുന്നു ഇന്ദ്രിയവേദ്യമായ അറിവൊക്കെ പരിമിതമാണ് മനസ്സുകൊണ്ട് അറിയുന്ന അറിവൊക്കെ പരിമിതമാണ് ഞാൻ നീ അവൻ എന്ന് പറഞ്ഞ് അറിയുന്ന വികൽപ്പങ്ങളൊക്കെ പരിമിതമാണ് അപരിമിതമായിട്ടുള്ള അറിവ് ജ്ഞാനസ്യനിഷ്ഠായ അതെങ്ങനെ അറിയും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ഇവിടെ ധ്യാനവിധിയെ നിധിധ്യാസനവിധിയെ അഥവാ യോഗത്തിനെ പറഞ്ഞു നോക്കുക അടുത്ത ശ്ലോകങ്ങള് മൂന്ന് ശ്ലോകം ചേർത്ത് വായിക്കാം ബുദ്ധിയശുദ്ധയാൃത്യാത്മാനം നിയമയച്ച ശബ്ദീൻ വിഷയാൻ തയ്യാ രാഗദ്വേഷ്യുത വിവി ലഘ്വാശീ യഥവായമാനസോ നിൈരാഗ്യം സമുശ്രിത് അഹംകാരം ബലം ദർപ്പം കോധം പരിഗ്രഹം വിമുച്ചാ മായാരഹിതയാ വിശുദ്ധയാ എന്ന് പറയുമ്പോ ബുദ്ധിയില് ഒരു മാറാലും ഇല്ലാതിരിക്കുന്ന ബുദ്ധി ശുദ്ധ ബുദ്ധി എന്നർത്ഥം ഈശ്വരൻ അനുഗ്രഹിക്കുമ്പോൾ ഒരാളുടെ ബുദ്ധി തെളിഞ്ഞ് പ്രസന്നമാവണം അതിൽ ക്ലാരിറ്റി ഉണ്ടാവണം അതില് ക്ലാരിറ്റി ഉണ്ടാവുകയാണ് തെളിവുണ്ടാവുകയാണ് ബുദ്ധി തെളിഞ്ഞു വരണം ഒരു സംശയം വിപരീതജ്ഞാനം അജ്ഞാനം എന്ന മൂന്ന് ദോഷങ്ങളും ആ ബുദ്ധിയിൽ നിന്ന് പോവാണ് ഈ മൂന്ന് ദോഷങ്ങളാണ് ഒരാൾക്ക് തടസ്സം ഗുരു ഉപദേശത്തിനെ സ്വാനുഭവമാക്കാനുള്ള തടസ്സം എന്താണെന്ന് വെച്ചാൽ അജ്ഞാനം സംശയം വിപരീതജ്ഞാനം ഈ മൂന്ന് ദോഷങ്ങളിൽ നീങ്ങിയ ബുദ്ധി കൊണ്ട് മായാരഹിതയാ ബുദ്ധിയ യുക്തൃത്യാ ധൈര്യേണ ആത്മാനം നിയമ്യച്ച് നിയമനം കൃത്വ ബുദ്ധിയെ നല്ല വെണ്ണം നിശ്ചലമാകാൻ റെഡിയാണ് അത് തന്നെ വലിയൊരു അനുഗ്രഹ അല്ലേ അല്ലെങ്കിൽ ഈ ബുദ്ധി ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടേയിരിക്കും കോൺസ്റ്റന്റ് സെലിബ്രേഷൻ ഒരു വലിയ ഡിസ്റ്റർബൻസാണ് വേണ്ടാതെ ശബ്ദിച്ചു നമ്മളുടെ വൈദികമായ സമ്പ്രദായം ബുദ്ധിയെ വളരെ ജാഗ്രതയോടുകൂടെ ഉപയോഗിക്കലാണ് കാരണം ബുദ്ധി ഒരു സെറിബ്രൽ മാറ്ററാണത് അതിനൊരു പഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ പഴക്കതിന് വിട്ടുപോകില്ല സംശയം ചോദിക്കുക ചിലർക്ക് സ്വഭാവമാണ് ഈ സത്സംഗത്തിൽ സംശയം എന്ത് ചോദിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവര് ചോദിക്കാൻ വേണ്ടി ചോദിക്കും ഒരാള് ഒരു സംശയം ചോദിച്ചു എനിക്ക് തോന്നി ഇത് വളരെ റെമിനിസെന്റായിട്ടിരിക്കണു ഈ ചോദ്യമും ഈ ഭാവവും ഒക്കെ നോക്കുമ്പോ പത്ത് അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക അതേ ആള് അയാള് ചോദിച്ചിട്ട് മിണ്ടാണ്ടായിക്കളയും പിന്നെ നമ്മൾ പറയുന്ന ഉത്തരവൊന്നും കേൾക്കുകയില്ല അയാൾക്ക് ചോദിക്കുക മാത്രം സ്വധർമ്മേ നിധനം ശ്രേയാ ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോ സംശയം ചോദിക്കാന്നുള്ളത് അവരുടെ ബുദ്ധിയുടെ ഒരു സൂക്കേടായിട്ട് മാറിയിരിക്കുക നമ്മുടെ സമ്പ്രദായത്തിലെ ഒരു സംശയം ചോദിച്ചാൽ ശങ്കരാചാര്യർ ദിഗ്വിജയം ചെയ്യുമ്പോ ഒരു ക്ഷപണക്കൻ വരും ക്ഷപണകൻ എന്ന് വെച്ചാൽ ഒരു ജൈന ഭക്ഷു ആ ജൈന ഭിക്ഷു ഒരു താന്ത്രികനാണ് അയാള് വന്നിട്ട് പറയും തന്റെ മതമൊക്കെ പറഞ്ഞ് സിദ്ധാന്തമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ചില വാദം ചെയ്യാനുണ്ട് എന്ന് പറയും ശങ്കരാചാര്യർ പറയും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്റെ കൂടെ കുറച്ചു കാലം താമസിക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ചർച്ച ചെയ്യാം ഇപ്പൊ ഈ ക്ഷപണകൻ ആചാര്യസ്വാമി പോകുമ്പോ കൂടെ പോകും എല്ലാ സ്ഥലത്തും പോകും ഒരു ജീവൻമുക്ത പുരുഷന്റെ കൂടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ദിനചര്യ ജീവിതം ഒക്കെ കണ്ടുകൊണ്ടേ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് കഴിയുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ ചോദിക്കാനൊന്നുമില്ലാതെ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് കാശിയിലെത്തിയപ്പോ നടന്ന് നടന്ന് കാശിയിലെത്തിയപ്പോ ഈ ക്ഷപകണകനെ വിളിക്കും ഈ വിളിച്ചിട്ട് നീ എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ ചോദിച്ചോളൂ എന്ന് പറയുമ്പോ കരഞ്ഞും കൊണ്ട് നമസ്കരിച്ചു ഇനി ഞാൻ എന്ത് ചോദിക്കും ചോദിക്കണമെങ്കിൽ ആറുമാസം മുമ്പ് ചോദിക്കണം ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ ചോദിക്കേണ്ട ആളേ ഇല്ല ഇനി എന്ത് സംശയം ചോദിക്കും സംശയം തന്ന താൻ ചോദിക്കാൻ പോണ ചോദ്യമേ വിഡിതമാണെന്ന് പിന്നെ മനസ്സിലാവും അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് ചോദിക്കുന്ന ആളെ ഇല്ലാതായിട്ട് തീരും ചോദിക്കാൻ ഒരു സമയം വേണം അല്ലേ ഉത്തരം പറഞ്ഞുകൊടുക്കാൻ സമ്പ്രദായമേ ഇല്ലേ നമുക്ക് ഭൃഗരുവൈ വാരുണി വരുണം പിതറമുപാദ അധീഹി ഭഗവോ ബ്രഹ്മേതി ഭൃഗു വരുണനോട് ചോദിച്ചു ബ്രഹ്മത്തിനെ പറഞ്ഞു തരും തപസ് ആ ബ്രഹ്മിജ്ഞാസസ്വ എന്ന് പറഞ്ഞു തപസ്സുകൊണ്ട് ബ്രഹ്മത്തിനെ അറിയൂന്നു നീ തന്നെ മനന ചെയ്യൂ നിസന ചെയ്യും എന്നിട്ട് വന്ന് പറയൂന്നു വന്ന് പറഞ്ഞു അന്നം ബ്രഹ്മേ ദിവ്യജാനാദ്യോ ഇല്ല എന്നാ തിരിച്ചു പോകും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അവസാനം ആനന്ദം ബ്രഹ്മേ ദിവ്യജാനാത് എന്ന് പറഞ്ഞു മൂപ്പരും ഒരേ പോക്ക് പോയി തിരിച്ചേ വന്നില്ല പിന്നെ സംശയം കൊണ്ടുവന്നില്ല കാരണം ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ പിന്നെ തിരിച്ചു വരില്ല ഉത്തരം അനുഭവമാണ് അപ്പോ ബുദ്ധി ശരണാഗതി ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്രിസൻസിൽ ശരണാഗതി ചെയ്യണതിൽ തെറ്റേയില്ല ഒരു എം പഠിച്ച ഡോക്ടറുടെ അടുത്ത് പോയി നിങ്ങൾ സർജറിക്ക് കൊടുക്കുമ്പോൾ അയാളുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് അധികാരമാവുള്ളത് എന്നെ സർജറി ചെയ്യാൻ നിങ്ങൾ എങ്ങനെ സർജറി ചെയ്യുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ നോക്കട്ടെ എന്നിട്ട് ഞാൻ സർജറിക്ക് കിടക്കാന്ന് പറഞ്ഞാൽ അയാള് തന്നെ വീട്ടിൽ പോയി കടന്നോട്ടോ എന്ന് പറയും അല്ലേ അവിടെ മാത്രം നിങ്ങൾക്ക് എങ്ങനെ സറണ്ടർ വന്നു ഒക്കെ എഴുതി കൊടുക്കാണ് ചത്തുപോയാലും കുഴപ്പമില്ല സിഗ്നേച്ചർ എന്ത് ഇതാണ് അൺകണ്ടീഷണൽ സറണ്ടർ അവിടെ എങ്ങനെ ചെയ്തു കാരണം അതിൽ നിങ്ങളുടെ വാദം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പുണ്ട് അയാളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അയാൾ അവിടെ എം ഡി എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് നമുക്ക് ഉറപ്പുണ്ട് ഇയാൾക്ക് അറിയാം അതുകൊണ്ട് ഇയാളുടെ കയ്യിൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക തന്നെയാണ് അതേപോലെ ഒരു ഉത്തമ ആചാര്യനെ കണ്ടെത്തുമ്പോൾ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് ഇയാൾക്ക് വഴി അറിയാമെന്ന് അറിയുമ്പോൾ ആ ആചാര്യൻ ഈ ശിഷ്യനെ കണ്ട് മാഭൈഷ്ടവിദ്വൻ തവനാസ്ത്യപായ സംസാര സിന്ധോഹോ തരണേസ്ത്യ ഉപായവയാതാ യഥ്യപാരം തമേവ മാർഗം തവ നിർദ്ദിശാമി എന്ന് ഗുരു കരുണയോടെ പറയുമ്പോ തന്നെ ഞാൻ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയാൻ ഒരാൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ ആളുണ്ടല്ലോ ഓഫ് ചെയ്ത് വെക്കണം ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോ ഓടിക്കാൻ പാടില്ല ഭയങ്കര ബുദ്ധിമുട്ടാ പലരും ചെയ്യും ഈ വണ്ടി ഓടിക്കണ ആളുടെ അടുത്തിരുന്നിട്ട് അവർ ഡ്രൈവിംഗ് ചെയ്യും ബ്രേക്ക് ഇടും ഗിയറിടും ചെയ്യാൻ പാടില്ല അല്ലേ അപ്പോ അതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചോളാം അതിനു മുമ്പ് ചോദ്യം ചെയ്തുകൊടാം അതിനു മുമ്പ് യോഗ്യത ഉണ്ടോ പക്ഷെ യോഗ്യതയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാത്മാവിനെ സറണ്ടർ ചെയ്യുന്നത് സുപ്രീം ഇന്റലിജൻസാണ് ഒരു കൊച്ചുകുട്ടീടെ അടുത്ത് അമ്മ എന്തെങ്കിലും യുക്തിവാദം ചെയ്യണ്ടോ ഒരു കൊച്ചുകുട്ടി അമ്മയുടെ അടുത്ത് എന്തെങ്കിലും യുക്തിവാദം ചെയ്യണ്ടോ തനിയെ നടന്നു പ്രകൃതി മുഴുവൻ ട്രസ്റ്റാണ് പ്രകൃതിയിൽ മുഴുവൻ ഉള്ളതാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതിലൊന്നും ഒരു ബുദ്ധിക്ക് ഒരു ദോഷം ഒന്നുമില്ല ഈ യുക്തിവാദം യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ യുക്തി യുക്തിക്ക് ഒരു നിയമമുണ്ട് ഒരു വരമ്പുണ്ട് ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രിയത്തോടു കൂടിയുള്ളതാണ് അതിന് പുറകില് ആരറിയും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവര് പറഞ്ഞാൽ കേൾക്കണു ഇവിടെ വരുമ്പോ തന്നെ ലയൻസ് സ്കൂൾ എവിടെയാണെന്ന് ഒരാൾ ചോദിച്ചാൽ ഇങ്ങനെ പോകൂ എന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയും എന്ന് ചോദിച്ചുകൊണ്ട് നിന്ന് അയാള് അയാളുടെ പാട്ടിൽ പോകും അല്ലേ അവിടെ പോലെ നമ്മൾ വിശ്വസിക്കണു അപ്പോ ഇത് നമ്മളുടെ പരമ്പര സനാതനധർമ്മം കൊച്ചു കുട്ടി മുതൽക്ക് ഒരു കുട്ടിയുടെ അടുത്ത് അച്ഛൻ അമ്മ പറഞ്ഞാൽ അത് വിശ്വസിക്കുക ഇങ്ങനെയാണ് ഈ പരമ്പര ഇതിപ്പോ വെസ്റ്റേൺ എഡ്യൂക്കേഷനില് എന്ത് പറഞ്ഞാലും കുട്ടികൾ ചോദ്യം ചോദിക്കും ഇപ്പത്തെ കുട്ടികള് ഇവിടെ കുട്ടികളുടെ അടുത്ത് പോയിട്ടേ ഒരു ക്ലാസ് ഇതാ നമ്മളുടെ വീട്ടിൽ ആരോ വന്നിരിക്കണപ്പോ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും കുട്ടി പോയി ഉള്ളു പോയി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും മോഡേൺ എഡ്യൂക്കേഷൻ വെളി പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നാൽ ഒരു കുട്ടിയുടെ എടുത്ത് പറഞ്ഞു വാസ്തവത്തിൽ അറിഞ്ഞ സംഭവാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വൈ ഷൂഡ് ഐക് യു ഹീ ക്യാൻ ഗോ ആൻഡ് ടേക്ക് നല്ല വെടുപ്പായില്ലേ അപ്പോഴേ തൊട്ട് ഇതാണെങ്കില് ഉരുപ്പിടിയാവും അപ്പോ ആ ബുദ്ധിയുടെ ശുദ്ധി എന്ന് പറയുന്നത് പരമ്പര പരമ്പരയായി ഭക്തിയില് ശരണാഗതിയില് ഒരു ശ്രദ്ധയില് വളർത്തിക്കൊണ്ടുവരുന്നു കൊച്ചു കുട്ടിയുടെ ഹൃദയം പോലെ ആവുമ്പോ ബുദ്ധി വിശുദ്ധമായി അതിന് തടസ്സമില്ല അതിന് പതർച്ചയില്ല അത് ശാസ്ത്രം കൊണ്ട് സംസ്കൃതമാണ് കർമാനുഷ്ഠാനം കൊണ്ട് സംസ്കൃതമാണ് ശ്രദ്ധ കൊണ്ട് സംസ്കൃതമാണ് ഭക്തി കൊണ്ട് സംസ്കൃതമാണ് അങ്ങനെ സംസ്കരിക്കപ്പെട്ട ബുദ്ധി അതോടുകൂടെ ധൃത്യാ നല്ല വിൽ പവർ പറഞ്ഞ ധൃതി ഓർത്തുള്ള ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹത്തോടു കൂടിയുള്ള ധൃതി കൊണ്ട് മനസ്സിനെ അന്തർമുഖമാക്കി ചെയ്ത് ശബ്ദാധീൻ വിഷയാൻ സ്ത്യക്ത ഭഗവാൻ ഇവിടെ ശബ്ദമൊന്നും കേൾക്കാതെ ഏകാന്തമായിട്ട് ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പതുക്കെ പതുക്കെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന് ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് പോകുന്ന മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുകയാണ് അഥവാ അതിനെ കുറയ്ക്കുകയാണ് രാഗദ്വേഷവും വിതസ്യച്ച മനസ്സിന് വെറുപ്പും ആസക്തിയും ഉണ്ടെങ്കിൽ മനസ്സ് ചലിക്കും എന്നിന്റെ വെറുക്കണുണ്ടെങ്കിൽ അങ്ങോട്ട് ആരോടെങ്കിലും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും ഏകാന്തത്തില് ധ്യാനം പരിശീലിക്കാൻ സമാധി പരിശീലിക്കാൻ ഇരിക്കുമ്പോൾ വെറുപ്പും വി ആസക്തിയും ഇത് രണ്ടു ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകണം ഇത് പോയാൽ മനസ്സ് കുറെ ശാന്തവും പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ രാഗദ്വേഷ കർത്തൃത്വ ഭോക്തൃത്വ രൂപം ജഗത് മറ്റുള്ളവരുടെ വിഷയത്തിൽ രാഗം അല്ലെങ്കിൽ ദ്വേഷം നമ്മളെ കുറിച്ച് കർത്തൃത്വം ഞാൻ ഇത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഇതൊക്കെ മനസ്സിനെ ഇളക്കും അപ്പൊ രാഗദ്വേഷം വിട്ടു എന്നിട്ട് എന്ത് ചെയ്യണു വിവിക്തസേവി ഏകാന്തമായി നല്ല തീർത്ഥ ക്ഷേത്രത്തിൽ വാക്ക് ഓർത്തോളണം കാരണം മുമ്പ് പറഞ്ഞു ശുചൌ ദേശേ എന്ന് പറഞ്ഞിട്ടുണ്ട് വിവിക്തസേവി എന്ന് പറയുമ്പോൾ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഏകാന്തത പറ്റില്ല ഇറ്റ് വിൽ ഡിസ്റ്റർബ് യു അന്തരീക്ഷത്തില് സൈക്കിക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല അവിടെ ചെന്ന് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാവണം ഒരു അമ്പലം പോലും പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ കലശം കഴിക്കുന്നതും കുംഭാഭിഷേകം കഴിക്കും ശുദ്ധീകരിക്കലാണ് അല്ലേ ഒരു വീട്ടിലും കുറെ വർഷങ്ങൾ ആളുകൾ ജീവിച്ചു കഴിയുമ്പോൾ അവിടെ പലതും അടിഞ്ഞുകൂടും ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം ഭാഗവതത്തിൽ പറയുന്നു ഗൃഹസ്ഥന്റെ വീട്ടിൽ നാമസങ്കീർത്തനം ഭക്തി അഗ്നി കാര്യങ്ങൾ നടന്നുകൊണ്ടേരിക്കണം അല്ലെങ്കിൽ പാമ്പ് കിടക്കണ പോലെ ആയിത്തീരുമെന്നാണ് എടുത്താ തീരാത്ത സ്വത്തുള്ളവനാണെങ്കിലും അവന്റെ വീട് പാമ്പിന്റെ പോട് പോലെ ആയിത്തീരുമെന്നാണ് എന്നുവെച്ചാ പാമ്പിന്റെ പോട് കൈട്ടാ കടിക്കണ പോലെ അതിനകത്ത് പോകുമ്പോ തന്നെ യു വിൽ ഫീൽ ഡിസ്റ്റർബ് ഒരു ഗൃഹസ്ഥ ആശ്രമം ആശ്രമം എന്ന് പറഞ്ഞാൽ തന്നെ ശാന്തി തരണതാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം ഒരു ശാന്തി ഉണ്ടാവണം അല്ലെ നമ്മൾ മാത്രമാണ് ഈ വീട് കെട്ടി ഇങ്ങനെ വെക്കുന്നത് ഒരു കിളി ഒരു ഒരു കിളി കൂട് കെട്ടുമ്പോൾ അത് കെട്ടി കഴിഞ്ഞാൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ കാര്യം കഴിഞ്ഞാൽ അതിന്റെ വീട് കഴിഞ്ഞു നമ്മളാണ് ഇങ്ങനെ ഒരുപാട് വർഷങ്ങളിലേക്കൊക്കെ വെക്കണത് അതുകൊണ്ട് അതിൽ വീണ്ടും വീണ്ടും തീർത്തീകരിച്ചുകൊണ്ടേയിരിക്കണം അതിനെ പവിത്രീകരിച്ചു കൊണ്ടേ അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം അല്ലെങ്കിൽ ഏകാന്തമായൊരു സ്ഥലം രമ്യമായ ഒരു സ്ഥലം തീർത്ഥ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് കാര്യം പറഞ്ഞു വയറ് നിറച്ചും കഴിച്ചിട്ട് പോയി ധ്യാനത്തിന് ഇരിക്കാൻ പറ്റില്ല ധ്യാനത്തിന് ഇരിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ക്ഷേമമായി സപ്താഹത്തിന് ശാപ്പാട് കഴിച്ചിട്ട് ചിലർ ധ്യാനിക്കും സപ്താഹം എന്ന് പറഞ്ഞാൽ ആളുകൾ ഉച്ചയാകുമ്പോ സപ്താഹത്തിന് എത്ര പാറ അരി വെച്ചു എന്നുള്ളതാണ് സപ്താഹത്തിന്റെ കേമത്വം അതങ്ങട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ധ്യാനിക്കാൻ പറ്റുമോ ലഘുവാശി എന്ന് പറഞ്ഞു തന്നെ വിധി അങ്ങനെയാണ് ശ്രവണത്തിന് തടസ്സമില്ലാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു ലഘുവായിട്ട് അശനം ഘുവായിട്ട് ഭക്ഷണം കഴിക്കണം ശരീരത്തിന് ഗുരുത്വം ഉണ്ടാവരുത് ശ്രവണത്തിന് തടസ്സം ഉണ്ടാവരുത് അതേപോലെ ധ്യാനത്തിന് തടസ്സമല്ലാത്ത ഭക്ഷണം ലഘുവാശി യഥവാക്കായ മാനസഹ സേവി ലഘുവാശി യഥവാക്കായ മാനസഹ വിവിക്തസേവി എന്നുള്ളതിന് ആചാര്യസ്വാമി പറയണം നോക്ക അരണ്യ നദീ പുളിന് ഗിരി ഗുഹാദീന് വിവിക്താൻ ദേശാൻ ഒരു കാടോ ഒരു നല്ല നദീതീരത്തിലോ ഏകാന്തമായ ഒരു ഗുഹയിലോ എന്നൊക്കെ പറയാൻ കഴിഞ്ഞാൽ തീർത്ഥക്ഷേത്രം എന്നർത്ഥം അവിടെ ഇരുന്നുകൊണ്ട് ലഘുവശനശീല നിദ്രാതി ദോഷ നിവർത്തകത്വേന ചിത്തപ്രസാദേതു ഉറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലര് എന്തും നല്ല ധ്യാനായിരുന്നു എന്ന് അറിയോ നമ്മൾക്കറിയാം അവരിങ്ങനെ ും ചിലർക്ക് മെഡിറ്റേഷൻ തുടങ്ങണ തുടങ്ങണ താമസം ഉറങ്ങിക്കളഞ്ഞു ചിലർ വിചാരിക്കുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ സമാധിയാണെന്നാണ് അപ്പൊ പറയും എഴുന്നേറ്റ എവിടെയോ ആയിരുന്നു സ്വാമി ഈ എവിടെയോ സമാധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഉണർവോടെ ഇരുന്നു കൊണ്ട് പ്രസന്നമായ ബോധമാണ് സമാധി അല്ലാതെ അൺകോൺഷ്യസായിട്ട് ഒരു സ്റ്റേറ്റ് ഒരിക്കലും പൂർണ്ണമാവില്ല ഇത് അങ്ങനെ ഇല്ലാതെ നിദ്രയെ ചിലപ്പോ നമ്മൾ ധ്യാനമാണെന്നൊക്കെ കരുതും തമോ ഗുണത്തിൽ പെട്ടുപോകും അതിനുവേണ്ടി ലഘുവാശി യഥവാക്കായ മനസഹ വാക്കേന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അടക്കി നിർത്തുന്നു അങ്ങനെ ആയിക്കൊണ്ട് ധ്യാനയോഗപര ധ്യാനം എന്നുള്ളതിന് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞു ആത്മസ്വരൂപ ചിന്തനം ഞാൻ ആരാണ് മനസ്സിനെ അനുഭവത്തില് അങ്ങട് ഇങ്ങോട്ട് പോവാൻ സമ്മതിക്കാതെ ആ ബോധം മാത്രമായി ഇരുപ്പ് മാത്രമായി അസ്തിത്വം മാത്രമായി ഉള്ളില് സ്വയം പ്രകാശമാനമായിട്ടിരിക്കുന്ന ചിത്തിൽ അങ്ങനെ ഇരുത്തുന്നു സാധിക്കില്ലെങ്കിൽ എന്തെങ്കിലും ആലംബമായിട്ടൊരു മന്ത്രമോ പ്രണവമോ എന്തെങ്കിലുമൊക്കെ ജപം ചെയ്തുകൊണ്ട് ആ ജപത്തോടുകൂടെ മനസ്സിനെ അതിലിരുത്തുന്നു പക്ഷേ നിത്യം ധ്യാനയോഗ പരോനിത്യം എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു ജപം മുതലായ ആലംബനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇതിനു മുമ്പാണ് ഇവിടെ മന്ത്രജവാദി അന്യകർത്തവ്യ അഭാവപ്രദർശനാർത്ഥം കേവല ആത്മധ്യാനം മാത്രം ചെയ്യണം അപ്പൊ ബാക്കിയൊക്കെ വിട്ടിട്ട് ആത്മാവിലും മാത്രം മനസ്സിനെ നിർത്തണം അതിന് സഹായമായിട്ട് വൈരാഗ്യം സമുപാശ്രിത മനസ്സിനെ ഒരു വിഷയത്തിലും പോവാൻ അനുവദിക്കുന്നില്ല പുറം ഞാനാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണൊക്കെ തോന്നും അല്ലേ അപ്പൊ ധ്യാനിക്കുമ്പോഴും അതൊരു തടസ്സ ധ്യാനിക്കാനിരിക്കുമ്പോ തോന്നിക്കൊണ്ടേയിരിക്കും ഞാൻ ധ്യാനിക്കണത് എത്ര പേര് കാണുണ്ട് എന്നിടയ്ക്ക് നോക്കും എത്ര ആള് കാണുണ്ട് ആരെങ്കിലും കണ്ട എന്താ ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം ഉള്ളില് ഞാൻ ധ്യാനിക്കണത് ചിലര് ഇണ്ട് ഞാൻ ധ്യാനിക്കണത് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കൂട്ടോ എന്നിട്ട് എഴുന്നേറ്റിട്ട് നോക്കാൻ അഹങ്കാരം ഈ അഹങ്കാരം ഒരു വിഡ്ഢിയാക്കും നമ്മളെ ബഹൂണാക്കി തീർക്കും അത് കണ്ണടച്ചിരുന്നിട്ടും അഹങ്കാരം ഉള്ളത് ഒരു വെളിച്ചമോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് എല്ലാരോടും പറയും ഞാനൊന്ന് ധ്യാനിക്കുമ്പോ ഒരു ജ്യോതി കൊണ്ടു ചിലർ പറയും എന്താ നാരായണ ഗുരുസ്വാമി ആത്മോപദേശ പറഞ്ഞു ഈ അഹന്ത ചെറുതു പോയിട്ട് വലുത് വരും വലിയൊരു അഹന്ത വരാവരം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ചിലർക്ക് തോന്നും ഒരു ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ ലോകം മുഴുവൻ ഉദ്ധരിക്കാൻ വന്ന അവതാര പുരുഷനാണെന്നൊക്കെ തോന്നിക്കളയും അങ്ങനെ കുറെ ആളുകള് അവർക്ക് പുതിയൊരു സൂക്കെടുപിടിച്ചും അപ്പൊ അവർക്ക് തോന്നും ഞാൻ അവതാരാണ് കൽക്കി അവതാരം എന്ന് പറഞ്ഞു കുറെ ആൾ അല്ലേ ഇടക്കാലത്ത് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു മുമ്പ് നമുക്ക് ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു നമുക്കിവിടെ ഈ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഗീത നടക്കുമ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ഗീത കഴിഞ്ഞിട്ട് പോകുമ്പോ ചോദിച്ചു എന്നെ അറിയോ ചോദിച്ചതിനോട് പറഞ്ഞു അറിയാം ഞങ്ങളുടെ തേരിന് നെട്ടിമാല കെട്ടണ ആളുടെ കൂടെ വരണ ഒരു പാർട്ടിയാ അറിയാ ഞാൻ കൽക്കി അവതാരമാണോന്നോ അപ്പോ ഇങ്ങനെ കൊറേ സൂക്കേട് ഇണ്ട് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോ ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചു അവിടെ ഒരുപാട് ആളുകൾ സ്വയം ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ട് അവർക്ക് ആ സൂക്കേട് മാറ്റാൻ വന്നവരുണ്ട് അതിലൊരാൾക്ക് സൂക്കേട് മാറിയിട്ട് അയാൾ റിലീസ് ചെയ്യുന്നത് നെഹ്റു പോയി കയ്യൊക്കെ കൊടുത്തു അപ്പോ നെഹ്റു അയാളോട് പേരെന്തോ ചോദിച്ചു എന്തോ ഒരു ശർമാവാണെന്ന് പറഞ്ഞു തിരിച്ച് നെഹ്റുവിന്റെ അടുത്ത് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു ഞാൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് ആ ഇത് കുറെ കഴിയുമ്പോൾ ശരിയായിക്കോളൂ എനിക്ക് തന്നെയായിരുന്നു അപ്പോ ഈ അഭിമാനമുണ്ടല്ലോ അത് എന്തെങ്കിലുമൊക്കെ ഒന്നിൽ ചെന്ന് ഒട്ടിപ്പിടിച്ചുകൊള്ളും ധ്യാനിക്കാനിരിക്കുമ്പോൾ ഞാൻ ഇതാണ് അതാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് തോന്നി പുറത്തൊരു പൊതി വരും ദർപ്പം ദർപ്പം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞും കൊണ്ട് ഒരു ഭാവം അഹങ്കാരം ബലം മറ്റുള്ളവരുടെ മേലെ സ്വാധീനം ചിലപ്പോ ധ്യാനിച്ചു മനസ്സിനൊരു പവറൊക്കെ വന്നു കഴിഞ്ഞാൽ ചില അതിനെ മറ്റുള്ളവരുടെ മേലെ ഉപയോഗിച്ച് അവര് പിടിച്ചു നിർത്തി ഒക്കെ ചെയ്യും അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുമൈ എന്ന് പറഞ്ഞു അതായത് കൂറുവാൾ കണ്ണീയർ കൊടുമൈ എന്ന് പറഞ്ഞു അതായത് പിടിച്ചു നിർത്തിയിട്ട് മഹർഷിയെ തന്നെ പിടിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരു സന്യാസി വന്നിട്ട് മഹർഷിയോട് പറഞ്ഞു അരുണാചലേശ്വരൻ സ്വപ്നത്തിൽ വന്നിട്ട് മഹർഷി ചെറിയ വയസ്സിൽ മഹർഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അരുണാചലേശ്വരൻ എന്റെ സ്വപ്നത്തിൽ വന്ന് നിനക്ക് മന്ത്രോപദേശം തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു ആ അരുണാചലേശ്വരൻ എന്റെ സ്വപ്നത്തിൽ വന്ന് സ്വീകരിക്കാൻ പറയട്ടെ ഞാൻ വാങ്ങിച്ചോളാന്നു മറ്റുള്ളവരുടെ മേലെ ബലമുപയോഗിക്കാനും അവരെ സ്വാധീനിക്കാനും ഒക്കെ ശ്രമിക്കും അല്ലെങ്കിപ്പോ ഹിരണ്യകശിപുവിനെ പോലെ തപസിന്റെ ബലം കൊണ്ട് ലോകത്തിൽ തന്നെ വലിയ ആളാവാനായിട്ട് ശ്രമിക്കാം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം കാമക്രോധം അദികളും ഒരുപാട് സാധനങ്ങൾ പരിഗ്രഹം ഇതൊക്കെ എന്റെയാണ് എന്റെയാണെന്നുള്ള അഭിമാനത്തോടെ വെച്ചുകൊണ്ടിരുന്ന കുറച്ചുനേരം ഭഗദ്ധ്യാനം ചെയ്തിട്ട് എന്ത് കാര്യം ഇതൊക്കെ പതുക്കെ ധ്യാനം കൊണ്ടും ധർമ്മം കൊണ്ടും ജ്ഞാനവിചാരം കൊണ്ടും നിവർത്തിപ്പിച്ചാൽ ഉള്ളില് ഈ ദോഷങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ വാസനകളൊക്കെ പോയി കഴിയുമ്പോൾ ്രഹ്മഭൂയായ കല്പതേ അയാള് ബ്രഹ്മഭൂതനാവാൻ ജ്ഞാനിയായി തീരും ബ്രഹ്മഭൂതനായിട്ട് തീരും അതായത് ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം അയാൾക്ക് വരും ധ്യാനത്തില് ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കുന്ന ആള് ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ശുദ്ധമായ ബോധമാണ് ബ്രഹ്മമാണെന്ന് അനുഭവിക്കും അങ്ങനെ അനുഭവിക്കുന്ന ആൾക്ക് അയാളുടെ സ്ഥിതി എന്താ അയാൾ എങ്ങനെയുണ്ടാവും അയളെ പിന്നെ വളരെ ശുഷ്കനായിട്ട് പോവുമോ അയാളുടെ സ്ഥിതി എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് നോക്കുക